അള്ളാഹുസുബഹാനഹുവചായാലാവിൻറെ റസൂലിന് വിരുദ്ധമായി തങ്ങൾ മാറി നിൽക്കുന്നതിൽ മാറി നിന്നവർ സന്തോഷിച്ചു അള്ളാഹുസുബഹാനഹുവ ചായാലാവിൻറെ മാർഗത്തിൽ തങ്ങളുടെ ധനവും ജീവനും നൽകി പോരാടാൻ അവർ വിമുഖത കാണിച്ചു ഈ ചൂടുകാലത്ത് നിങ്ങൾ പുറപ്പെടരുത് എന്നവർ പറഞ്ഞു പറയുക നരകത്തിലെ അഗ്നി അതിനേക്കാൾ കഠിനമായ ചൂടുള്ളതാണ് അവർക്ക് വിവേകമുണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കുമായിരുന്നു